യഹോവിയുടെ പെട്ടകം ഏഴു മാസം ഫെലിസ്ത്യദേശത്ത് ആയിരുന്നു എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തിയി നാം യഹോവിയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യണ്ടു അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടതെങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവേൻ എന്ന് ചോദിച്ചു വെച്ചു അതിനവർ നിങ്ങൾ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നു എങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായച്ചുത്തവും അവന് കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരുവരും അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായ്ചിത്വം എന്ത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത് ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് അഞ്ച് മൂലക്കുരുവും പൊന്നുകൊണ്ട് അഞ്ച് എലിയും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത് ആകെയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രയേലിയരുടെ ദൈവത്തിന് തിരുമുൽ കാഴ്ച വെക്കേണ്ടതാണ് പക്ഷെ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കിക്കും മിശ്രയും ഫറവോനും ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന് അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോകുകയും ചെയ്ത് ആകയാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലാത്ത കറവുള്ള രണ്ടു പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കിക്കൊണ്ടുപോകുവിൻ പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വെപ്പിൻ നിങ്ങൾ അവനെ പ്രായച്ചുമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുവിന് പിന്നെ നോക്കുവിൻ അത് ബത്സേമേസിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്കീ വലിയ അനർത്ഥം വരുത്തിയതിൽ അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല എതിർച്ഛയാ നമുക്ക് ഭവിച്ചതത്രേ എന്നറിഞ്ഞുകൊള്ളാം അവർ അങ്ങനെ തന്നെ ചെയ്തു കറവുള്ള രണ്ട് പശുക്കളെ വണ്ടിക്ക് കിട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും ചെല്ലവും വണ്ടിയിൽ വെച്ചു ആ പശുക്കൾ നേരെ ബെസ്സെമേസിലേക്കുള്ള വഴിക്ക് പോയി അവ കരഞ്ഞും വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി ഫിലിസ്തീ പ്രഭുക്കന്മാരും ബെസ്സെമേസിന്റെ അതിർ പിന്നാലെ ചെന്നു അന്നേരം ബെസ്എമേശ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു അവർ തലയുയർത്തി പെട്ടകം കണ്ടു കണ്ടിട്ട് സന്തോഷിച്ചു വണ്ടി ബെസമേഷ്യനായ യോശുവയുടെ വയലിൽ വന്നു നിന്നു അവിടെ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു അവർ വണ്ടിയുടെ മരം വെട്ടിക്കേറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാകം കഴിച്ചു ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികൾ ഉള്ള ചെല്ലവും ഇറക്കി വലിയ കല്ലിൻമേൽ വെച്ചു ബേത്സമേഷ്യർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു ഫലിസ്ത്യ പ്രഭുക്കന്മാർ ഐവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ യക്രോനിലേക്ക് മടങ്ങിപ്പോയി ഫിലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് ഒന്ന് സയുടെ പേർക്ക് ഒന്നാണ് അസ്കലോന്റെ പേർക്ക് ഒന്നാണ് ഗത്തിന്റെ പേർക്ക് ഒന്നാണ് യക്രോന്റെ പേർക്ക് ഒന്നാണ് ഇങ്ങനെയായിരുന്നു പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുംപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി അഞ്ചു പ്രഭുക്കന്മാർക്കുമുള്ള സകല ഫിലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണം ആയിരുന്നു അവർ യഹോവിയുടെ പെട്ടകം ഇറക്കിവെച്ച വലിയ കല്ല് ബമേഷിനായ യോശുവയുടെ വയലിൽ ഇന്നുവരെയുംമേഷ് യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവനവരെ സംഹരിച്ചു അവൻ ജനത്തിൽ അമ്പതിനായിരത്തി പേരെ സംഹരിച്ചു ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബസ് പറഞ്ഞു അവർ കിരിയർ യയാരി നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഫിലിസ്തീർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു നിങ്ങൾ വന്നു അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവേൻ എന്ന് പറയിച്ചു